ാണ് സമാധാനായിതാണ് വലിയ റിലീഫായി ചെയ്യേണ്ടത് ചെയ്തു തീർത്തു അപ്പോഴാണ് മൃദുവായി മൃദുവായി അമർന്നിടേടണം എന്ന് പറയുന്നതിന് അർത്ഥം വരണത് അല്പം പോലും അഭിമാനവൃത്തിയുടെ കറപ്ഷൻ ഇല്ലാത്ത ശുദ്ധ ചിസ്വരൂപ സ്ഥിതി ആ സ്ഥിതിയിൽ രാവ് പകലില്ല ദേശകാലങ്ങളില്ല ടൈം സ്പേസ് ഒന്നുമില്ല അതിൽ ബോറടിക്കലില്ല അതാണ് പരയിടപാല് നുകർന്ന ഭാഗ്യവാൻമാർക്കൊരു പതിനായിരം അണ്ടൊരല്പനേരമെന്ന് പറഞ്ഞത് മനസ്സ് ബഹിർമുഖമാവുമ്പോൾ ആണ് വിരസത ഉണ്ടാവണത് വിരസതയ്ക്ക് കാരണം വിരസത എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഡിസീസാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കൊന്നും ഈ ബോറിടം ബോറടിക്കുക എന്ന് പറയുന്നതില്ലേ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന വാക്ക് ബോറടിക്കുക ബോറടിക്കുകയാണ് അത് മലയാളം വാക്കായി മാറിക്കഴിഞ്ഞു തനിയേ ഇരുന്ന ബോറടിക്കൊന്നാണ് ആ ബോറടിക്കല് മാറ്റാനാണ് ടിവിയും പല വസ്തുക്കളും കണ്ടുപിടിച്ച് പെരുപ്പിച്ചു കൊണ്ടേ ഇരിക്കണത് കൊറേ കഴിയുമ്പോൾ ബോറടിച്ചു പോയി എല്ലാം ബോറടിച്ചു പോവാണ് മനുഷ്യന് ഈ ബോറടിക്കാന്ന് പറയണത് എന്താന്ന് വെച്ചാൽ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 അതിൽ കാലമില്ല കാലമുണ്ടെങ്കിൽ ബോർഡടിക്കും കാലമില്ലാത്തത് ടൈം ഇല്ലാത്തതാണ് ബോർഡും ഇല്ലാത്തത് ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ ബോർഡടിക്കും നവനവം ഇന്നലെ ഇന്നു നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം ഒരു ഭേദവുമില്ലറിഞ്ഞിടേണം പുതിയത് പുതിയതായിട്ട് ഇന്നലെ ഇന്ന് നാളെ നാളെ അത് വേണം ഇത് വേണം കഴിഞ്ഞ കാലം വരാൻ പോകുന്ന കാലം മനസ്സിന്റെ ചലനം ഒരു പെൻഡുലം പോലെ ഒരു ക്ലോക്കില് പെൻറ്റുലം പോലെ മനസ്സെപ്പോഴും ശ്രദ്ധിക്കുക കഴിഞ്ഞതിലേക്ക് പോകും വരാൻ പോണതിലേക്ക് പോകും കഴിഞ്ഞതിലേക്ക് പോകും വരാൻ പോണം ഭൂതം ഭാവി ഭൂതം ഭാവി മനസ്സിന് നിൽക്കാനുള്ള മേയാനുള്ള രണ്ടു മേഖലകളാണ് ഭൂതകാലവും ഭാവി കാലവും വർത്തമാന കാലം എന്ന് പറയണത് മനസ്സിനറിയില്ല വർത്തമാന കാലം എന്ന് പറയുന്നത് വ്യാകരണത്തിലേ ഉള്ളൂ മനസ്സിന് പിടിയില്ല ഇപ്പോ എന്ന് പറയുമ്പഴേക്കും അതപ്പോ ആയി ശ്രദ്ധിക്കണ്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇപ്പോ എന്ന് പറയുമ്പോഴേക്കും മനസ്സ് വന്ന് തൊടുമ്പോഴേക്കും അത് പോയി ഒരിക്കലും ഇപ്പോ എന്നുള്ള കാലത്തിന് മനസ്സിന് തൊടാൻ പറ്റില്ല മനസ് വന്ന് തൊടണമെങ്കിൽ തന്നെ അത് അപ്പോ ആവണം പോയി അല്ലേ മനസ്സിന് തൊടണമെങ്കിൽ തന്നെ ഭൂതകാലാവണം ഒരിക്കലും വർത്തമാനത്തിന് മനസ്സിന് തൊടാൻ പറ്റില്ല പക്ഷേ ഭൂതകാലം ഭാവി കാലം എന്ന് പറയണത് ഇല്ല മനസ്സിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ അസ്തിത്വത്തിൽ സത്തയിൽ അതിന് ഇരിപ്പില്ല മനസ്സിലാവട്ടെ വർത്തമാനകാലയില്ല മനസ്സ് വെറും സ്റ്റോറേജ് പ്ലേസ് ആണ് മനസ്സ് ഒരിക്കലും മനസ്സുകൊണ്ട് സത്യത്തിനെ റിയാൻ സാധിക്കില്ലെന്നുള്ളതിന് തെളിവ് എന്താന്ന് വെച്ചാൽ വർത്തമാനകാലത്തിനെ തൊടാൻ മനസ്സിന് സാധിക്കില്ല കഴിഞ്ഞു പോയ വർത്തമാനകാലമാണ് ഭൂതകാലം വരാൻ പോണ വർത്തമാന കാലമാണ് ഭാവി കാലം റെക്കോർഡ് നൗ ഇസ്റ്റ് ഇമാജിനറി എക്സ്പെക്ടർ ഭാവി ഭാവനയിലുള്ളതാണ് പ്രതീക്ഷയാണ് ओल मन स्पर्शिका साधिका पक्षे अ वर्तमानकालू नोकू अे अव वर्तमानकाल अभवंम भूतकालुभविका पाया भाविकालुभविका पा ഇപ്പൊ തന്നെ നമ്മളുടെ മണ്ഡലത്തിന് രണ്ടായിത്തിരിക്കാം ഒന്ന് അനുഭവവും മറ്റേത് മനസ്സും നമ്മൾ മനസ്സുകൊണ്ടപ്പോ സത്യത്തിന് പിടിക്കാൻ പറ്റുമോ പറ്റില്ല അനുഭവം കൊണ്ട് വേണം അനുഭവത്തിനെ പിടിക്കാൻ മനസ്സ് വഴിവിട്ടു തരണം നമ്മളോ മനസ്സുകൊണ്ടാണ് അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് മനസ്സ് തൊടുമ്പോഴേക്കും അത് പോയി പോകും വർത്തമാനം അനായാസം ഭജത് ബാഹ്യധിയാക്ഷണം ഭൂതം ഭവിഷ്യത് അഭത് യാതി ഭൂതത്തിലേക്കും ഭാവിയിലേക്കും ചിത്രത്തിനെ പോകാൻ വിടാതെ വർത്തമാനം എന്ന് പറയുന്ന ക്ഷണത്തിനെ ശ്രദ്ധിച്ചാൽ ചിത്രവൃത്തി ഒദിക്കാനേ പറ്റില്ല ചിത്തം അചിത്തമായിട്ട് തീരുമെന്നാണ് ആ വർത്തമാന എന്ന് പറയണത് ടൈംലെസ്നെസ് ആണ് അതൊരു ടൈമല്ല അതിനെ കണക്കെടാൻ പറ്റില്ല അതിൽ ഖണ്ഡമില്ല വർത്തമാനത്തിൽ മാത്രം ഇറങ്ങാ ചിത്രവൃത്തികൾ ഉദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ശ്രുതി പറഞ്ഞത് ഇഹചേത് അവേദിയെ അഥ സത്യമസ്തി മഹദീവിനഷ്ടി നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ പിടിച്ചോളണം ഇപ്പൊ പിടിക്കോളണം വീട്ടിൽ പോയിട്ട് പറ്റില്ല പാസ്റ്റില് പറ്റില്ല അതുകൊണ്ടാണ് ഇത് ഏറ്റവും എളുപ്പമാണെന്ന് പറയണത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വിഷമം എന്ന് പറയണത് മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റില്ല ബോധത്തിനെ ബോധം കൊണ്ടറിയണം ചിത്തിനെ ചിത്ത് കൊണ്ടറിയണം ആ ചിത്തിനെ കൊണ്ട് ചിത്തിനെ അറിയണതാണ് ഒരു സാമർഥ്യം ഒരു കുശലത എന്ന് പറയുന്നത് ആ കുശലത നമ്മളിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് മനസിനും ബുദ്ധിക്കും അറിയുന്നതിനും വികാരപ്പെടുന്നതിനും ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ബോധത്തിനെ ബോധം കൊണ്ടറിയെന്നുള്ള മാർഗം തെളിയാത്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ അഭിമാനത്തിനും നമ്മളുടെ വ്യക്തിത്വത്തിനും മനസ്സിനും ശരീരത്തിനും ഉപാധികൾക്ക് വളരെ പ്രാമുഖ്യം കൊടുത്ത് ആ ഉപാധി കൊണ്ട് പാരമാർത്ഥിക വസ്തുവിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ് അമ്മാവാസ ദിവസം രാത്രി സൂര്യനെ കാണണമെന്ന് ശഠിക്കണ പോലെയാണത് സൂര്യനഥാ പ്രകാശിക്കണം എപ്പോഴുണ്ട് സിദ്ധമാണ് എപ്പം വേണമെങ്കിൽ നമുക്ക് സിദ്ധമാണ് അതിനെ ശ്രദ്ധിച്ചാൽ അത് അനവരതമുണ്ട് നിത്യനിരന്തരം അഹമസ്മി അസ്ഥി അസ്മി എന്ന് പറയുമ്പോൾ ഒരു അഭിമാനം ഉണ്ടല്ലോ അവിടെ സതാ ചിത് സുഖരൂപം അസ്തി സതേ എന്നുള്ള അനുഭവം അഹമസ്മി എന്നുള്ള അനുഭവം ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപത്തിനെ തെളിഞ്ഞ ദൃഷ്ടികൊണ്ട് കണ്ടാൽ അതിൽ ടൈമില്ല ഇറ്റ് ഇസ് ടൈംലെസ് അവിടെ കാലത്തിന്റെ കളിയില്ല അതിൽ മനസ്സ് വരുമ്പോ കാലം വരും അപ്പോ കാണാം അതാണ് ഈ ധ്യാനിക്കുക എന്നൊക്കെ പറയണത് സാധന ഉപാസനാ ഘട്ടത്തിൽ ഹെൽപ്ഫുള്ളാണ് പക്ഷെ ജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വരുമ്പോ ധ്യാനിക്കുക എന്ന് പറയണത് തന്നെ ഒരു ബന്ധമായിട്ട് തീരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ധ്യാനിക്കാനിരിക്കുന്നു എഴുന്നേക്കാൻ പോണു എന്നൊക്കെ അതിലൊരു വികല്പം ഖണ്ഡിച്ചുകൊണ്ടിരിക്കുന്നു ഈ സത്തയെ അതുകൊണ്ടാണ് അവസാനം പറയണത് അയമേ വഹിത്തെ യത് സമാധിമനുതിഷ്ഠ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 ധീരനായി അമരം നേടേണം അതാണ് ഞാൻ എന്ന് ഉറക്കാം ചിത്തവൃത്തികൾ വരട്ടെ വന്നിട്ട് പോട്ടെ എന്താപ്പോ കുഴപ്പം ഉമർത്ത് നടക്കുന്ന നായിക്ക് എൻ്റെ നേരെ ദേഷ്യം എന്നാ എനിക്കറിയോ ഉമർത്ത് നിൽക്കണം മരത്തില് എന്തെങ്കിലും കായ്ക്കുകയോ പഴുക്കയോ ചെയ്താൽ എന്നെ ബാധിക്കുന്നുണ്ടോ അതേപോലെ ചിത്തവൃത്തികൾ വരട്ടെ പോട്ടെ ബുദ്ധി പ്രവർത്തിക്കട്ടെ ഉറങ്ങട്ടെ വ്യവഹരിക്കട്ടെ വ്യവഹരിക്കാതിരിക്കട്ടെ साक्षिमा साक्षिभा दृष्टि निश्चयच अट्ठा पांडि बाले मौन शांतना भक्ति आत्मनिवेदनमें पर भागवत भगवान उपदेशू എല്ലാം വിചാരം ചെയ്ത് അറിഞ്ഞ് ചിന്തിച്ച് അവസാനം ഉപരമേത യോഗാത് എന്നാണ് ആ യോഗത്തിൽ നിന്നും പിൻവാങ്ങിയിട്ടില്ലെങ്കിൽ നീ പൂർണ്ണമാവില്ല എന്നാണ് അല്ലെങ്കിൽ ആ യോഗം ആ യോഗ സാധന ആ യോഗി ആ കർത്തൃത്വം നീ ആയുധം ചോട്ടൽ വെക്കാത്തത് ജഹി അസ്ത്രം എന്ന് പറയുന്നത് ആ ആയുധം ചോട്ടൽ വെക്കാത്തത് നിന്നിൽ ഒരു ഏകദേശീയ സത്ത നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും ആ ഏകദേശീയ സത്ത നിലനിൽക്കാതിരിക്കാൻ അവസാനം ശരണാഗതിയാണ് ആത്മനിവേദന ഭഗവാനേ ഉള്ളൂ ഭഗവാനല്ലാതെ ഒന്നുമില്ല ഭഗവാനിൽ നിന്ന് ഒന്നുമില്ല പുറമേക്ക് കാണുന്നതും അകമേക്ക് കാണുന്നതും ഒക്കെ ആ ഭഗവാൻ തന്നെ ഭഗവാനല്ലാതെ ഇവിടെ വേറെ ഒന്നിനും സ്ഥാനമില്ല ഭൂരംബാസി അനലോ അനിലോ അംബരമഹർ ഹിമാ പുമാൻ ഇത്യാഭാദി ചരാചരാത്മകമിതം യസൈവൂർ അഷ്ട വിദ്യത്തെ വിമൃശതാം യോ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമയിതം ശ്രീദക്ഷിണാമൂർത്തേ ഇവിടെ കാണുന്നതൊക്കെ തന്നെ ആ അറിവിൻ്റെ സ്വരൂപമായി ഭഗവത് സ്വരൂപമായി മാറുന്നു ഇവിടെ ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ലെന്നുള്ള ഒരു ദൃഷ്ടി ഉള്ളില് ഉണരുമ്പോൾ ആ സമയം നമ്മൾ സ്വതന്ത്രരായിട്ട് തീരും ഇവിടെ പഞ്ചഭൂതങ്ങളും പ്രപഞ്ചവും ഒക്കെ തന്നെ അറിവായി മാറിടുന്നു നാരായണ ഇതിലൊരു പാട്ടില് ഒരു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 പരമചിദംബരമാർന്ന ഭാനുവാ ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിയിടേണം ആ സ്പൂർണ സ്ഥിതിയിൽ ഇരുന്ന് നേടേണ്ടത് നേടിയെടുത്ത് അല്പം പോലും ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം ഉദിക്കാത്ത ലോകമംഗളത്തിനുള്ള പ്രവൃത്തി അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കും വിവേകാനന്ദ പറഞ്ഞു വയസ്സാവും തോറും ഒരു കാര്യം എനിക്ക് മനസ്സിലാവണം എൻ്റെ ഗുരുദേവൻ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ തത്വമറിഞ്ഞ ഒരു ജ്ഞാനി ഒരു ഗുഹയ്ക്കകത്ത് കയറി പാറക്കല്ലുകൊണ്ട് അടച്ചിട്ട് അയാളുടെ അനുഭൂതി ആ പാറകളെ ഭേദിച്ച് പുറത്തു ലോകത്തിന് മംഗളം ചെയ്യുന്നുണ്ട്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 വന്തവേലയപ്പാരു പോയി വന്തവേലയപ്പാർ വന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നോക്കൂന്നാണ് ഗുരുവായൂർ പോയി തൊഴാൻ പോയിട്ട് കുപ്പിവളയും മോതിരവുമൊക്കെ വാങ്ങിച്ചിട്ട് ഗുരുവായൂരപ്പനെ തൊഴാതെ വരുന്ന ആളുകളെ പോലെയാണ് ഇവിടെ വന്ന കാര്യം എന്താന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ചെയ്തിട്ട് അവസാനം ചത്തുപോകുന്നു പാപം ശിവശിവ അങ്ങനെ ഒരു ഗതി വരാതിരിക്കണം എത്ര കാലം ഇരിക്കും എന്ന് അറിയില്ല ഓരോ ദിവസവും ആയുസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് ദേഹം വിഴും മുൻ ഭുജിപ്പതർക്ക് ശേരവാറും ജഗത്തേരെ ഈ ശരീരം വീഴുന്നതിനു മുമ്പ് ആ സത്യത്തിനെ അറിയണം പാരമാർത്ഥികമായ ഉണ്മയെ അറിയണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേഹം എവിടെ വേണമെങ്കിൽ വീണോട്ടെ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ സത്യം അറിഞ്ഞവന് എച്ചിലോ പോലെയാണത് പിന്നെ അത് ആ പരമേശ്വരൻ പിടിച്ചെടുത്ത ആ ശരീരം കൊണ്ട് ലോകത്തിൽ എന്താ ചെയ്യിക്കേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളും അത് നമ്മളുടെ ചുമതലയല്ല അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്തു ഇപ്പോഴും വാസ്തവത്തിൽ പരമേശ്വരൻ തന്നെയാണ് ചെയ്യിക്കുന്നത് പക്ഷെ നമ്മളുടെ അഭിമാനം ഒരു ഭ്രമ ഉണ്ടാക്കണത് കൊണ്ട് കുറെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് കയറണുണ്ട് ഒരു വക്കീല് ചോദിച്ചു മോക്ഷമടയണം എന്ന അരുൾ വേണമേ ഭഗവാനെ എന്ന് പറഞ്ഞു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 ഇന്നും മോഡേൺ റിസർച്ചില് പ്രത്യേകിച്ച് സൈക്കോട്രി റിസർച്ചില് ഒരു ആശ്ചര്യമായ ഒരു പ്രതിഭാസം എന്താന്ന് ഈ ഉറക്കത്തിൽ നടക്കാവുന്ന ഒരു സൂക്കട് ഉണ്ടല്ലോ സ്വപ്നം പുളിസം നമ്മളിപ്പോ ഹൈവേയിൽ ഇറങ്ങി എം റോഡിൽ നടന്നു വന്നാൽ ഇത്തിരി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വല്ല കാറോ സൈക്കിളോ ഒക്കെ നമ്മൾ ഇടിച്ചു വരും അവിടെ ഉണ്ടാവും പക്ഷേ ഒരാള് ഉറക്കം തൂങ്ങിയ ആള് ഒരു സ്വപ്നം പുളിസ്റ്റ് ഹൈവേയിൽ നടന്നു വന്നാൽ ഒരിടത്തും ഒന്നും മുട്ടില്ല ഒന്നും ആവില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് നടന്നയാൾ തിരിച്ചുപോയി മുറിപ്പോയി കിടക്കും ആ റെക്കോർഡായിട്ട് കഥകളൊക്കെ വളരെ ആശ്ചര്യമാണ് നീന്താൻ അറിയാത്ത ആള് കടലിൽ പോയി നീന്തിയിട്ട് വരും എന്നിട്ട് വന്ന് കിടക്കും ഞങ്ങളുടെ അവിടെ ഒരാളുണ്ട് നാല് വീ ഏഴ് വീട് മതല് ചാടിയിട്ട് എട്ടാമത്തെ വീട്ടിൽ വാതിൽ തുറന്ന് ഉള്ളു പോകണു രാത്രി ഉറക്കത്തില് വഴിയിൽ കിണറൊക്കെ ഉണ്ട് ഒരു അപകടം പറ്റാതെ നടന്നു വന്ന് അള പിടിച്ച് എഴുന്നേപ്പിച്ചപ്പോഴാണ് മൂപ്പരെ ആശ്ചര്യപ്പെട്ടത് ഇതിന്ന് എന്നെ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മളുടെ സാമർഥ്യം കൊണ്ടൊന്നുമല്ല ഈ ശരീരം ഇവിടെ നടക്കണർ പലരും ഞാൻ ഈ ഉദാഹരണം പറഞ്ഞിട്ട് പലരും പറയണ്ട് സ്വാമി പറഞ്ഞ ശേഷം ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടേ ഈ കാർ ഓടിക്കുമ്പോ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഓട്ടോ ഓടിക്കുമ്പോൾ എനിക്ക് നല്ലവണ്ണം ഈ കാര്യം തത്വവും മനസ്സിലായി എന്താന്ന് വെച്ചാൽ പലപ്പോഴും ഒരു അഞ്ചാറ് കിലോമീറ്റർ വളരെ അപകടമായ വഴികൂടിയൊക്കെ എന്തൊക്കെയോ സ്വപ്നം കണ്ട് സിനിമയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഓടിച്ചത് ഒന്നും ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല വളരെ അപകടമായ സ്ഥലത്തൊക്കെ തിരിച്ചിട്ടുണ്ടാവും കയ്യെ ഗിയർ മാറ്റിയിട്ടുണ്ടാവും ഒക്കെ ഉണ്ടാവും ഒന്നും അറിയില്ല ഇതൊക്കെ ഇതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി എന്റെ സാമർഥ്യം കൊണ്ടൊന്നുമല്ല ഓട്ടോ ഓടിക്കണതും ജീവിക്കണതും ഈ ശരീരം ഏതോ ശക്തി ഓടിച്ചുകൊണ്ട് നടക്കാണ് അതിനനുസരിച്ചത് ഓടുകയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ധരിച്ച അപകടം പറ്റിക്കും വളരെ ജാഗ്രതയായിട്ട് ചെയ്യണം എന്ന് ധരിച്ച അപകടം പറ്റിക്കും ശരിക്കും നമ്മളുടെ അഭിമാനമാണോ കുഴപ്പം ക്രിയേറ്റിവിറ്റിക്ക് ഏറ്റവും വലിയ തടസ്സ അഭിമാനമാണ് എം എസ് സുബലക്ഷ്മിയുടെ അടുത്ത് ഒരു പറഞ്ഞു ചിലക്ക് ദിവസം കച്ചേരിയൊക്കെ വളരെ നന്നാവണം നിങ്ങളുടെ ചില ദിവസം അങ്ങനെ ആവണില്ല എന്താ കാര്യം അവർ പറഞ്ഞു സാധാരണ ഞാനൊന്നും ആലോചിക്കാറില്ല ആർക്കെങ്കിലും ഒരാൾക്ക് ശരണാഗതി ചെയ്യണം ഉള്ളൂ അവർ പറയും എൻ്റെ ഭർത്താവ് സദാശിവം എവിടെ വിളിച്ചോണ്ട് അവിടെ പോവും അദ്ദേഹം പാടാൻ പറയുന്ന സ്ഥലത്ത് പാടാൻ പറയും പാടും അദ്ദേഹം ഉടുക്കാൻ പറയണ വസ്ത്രം ഉടുക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കില്ല പക്ഷെ ചില അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയും ഇന്ന് നെഹ്റു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് വേറെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും ഡിഗ്നിറ്ററീസ് വന്നിട്ടുണ്ട് നന്നായിട്ട് പാടണം ആ കീർത്തി പാടണം പറഞ്ഞാൽ കൊളാകും കോൺഷ്യസ് ആവും കോൺഷ്യസായി കഴിഞ്ഞാൽ അപ്പൊ അപ്പോ ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് തെളിഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇപ്പൊ രാവിലെ എണീറ്റ് വീട്ടിൽ നിങ്ങട്ട് വന്നത് നോക്കും പകുതി സ്വപ്നം പൊളിച്ചിട്ടാണ് ഒരു എൺപത് ശതമാനം നമ്മൾ ഉറക്കത്തിലാണ് നടക്കുന്നത് കുറച്ചേ കോൺഷ്യസ് ആവും അതുകൊണ്ടാണ് അവിടെ വരണത് ഈ അഭിമാനം എപ്പോൾ പൊന്തുണമോ അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ അഭിമാനം ഇല്ലാതെ എങ്ങനെ വ്യവഹരിക്കാൻ പറ്റുന്ന അഭിമാനം കൊണ്ടാണ് ഈ ഇത്ര കുഴപ്പമുണ്ടാവുന്നത് അഭിമാനം പോണത് വ്യവഹാരത്തിന്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 അതിൽ തടസ്സം ഉണ്ടാക്കണമല്ലെയാണ് നമ്മൾ ആ ആത്മനിവേദനം ചെയ്താൽ തന്നെ ശാന്തമാവും തുടർന്ന് നാളെ കാണാം യോ മമാത്മാഭവസിമ തതോണവാച്യം മമചിത് അതി യഥാഷ്ടം കൂർവാം ത്വാം ആത്മനാഥം